ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിശ്രമസ്ഥലമായും ആകാശത്തെ ഒരു മേൽക്കൂരയായും നിശ്ചയിച്ചു തന്നത് അള്ളാഹുസുബഹാനഹുവറ്റായാല ആണ് അവൻ നിങ്ങൾക്ക് രൂപം നൽകുകയും നിങ്ങളുടെ രൂപത്തെ ഏറ്റവും മനോഹരമാക്കുകയും ചെയ്തു വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുസുബഹാനഹു വറ്റാല അവനാകുന്നു അതിനാൽ ലോകരക്ഷിതാവായ അള്ളാഹുസുബാനഹു വറ്റല അനുഗ്രഹപൂർണനായിരിക്കുന്നു